അള്ളാഹു സുബഹാനഹു വറ്റാല തന്റെ ദാസന്മാരിൽ താൻ ഉദ്ദേശിക്കുന്നവർക്ക് തൻറെ അനുഗ്രഹം ചൊരിയുന്നതിലുള്ള അസൂയ കാരണം അള്ളാഹു അവതരിപ്പിച്ചതിനെ നിഷേധിച്ചുകൊണ്ട് അവർ തങ്ങളുടെ ആത്മാക്കളെ വിറ്റുകളഞ്ഞത് എത്ര മോശമായിരിക്കുന്നു അങ്ങനെ അവർ കോപത്തിനുമേൽ കോപം വരുത്തിവെച്ചു സത്യനിഷേധികൾക്ക് അപമാനകരമായ ശിക്ഷയുണ്ട്